പന്ത്രണ്ട് മോശം ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു യഹോവാ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു യഹോവാ അത് കേട്ടുകെട്ടു മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ ഉള്ള സകല മനുഷ്യരിലും അതിസൌമ്യനായിരുന്നു പെട്ടെന്ന് യഹോവ മോശയോടുമ്പും അഹറോനോടുമും മിരിയാമിനോടുമ്പും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കലുകൾ വരുവേനെന്ന് കൽപ്പിച്ചു അവർ മൂവരും ചെന്നു യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതുക്കൽ നിന്ന് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു അവർ ഇരുവരും വരും അങ്ങോട്ട് ചെന്നു പിന്നെ അവൻ അരുളി ചെയ്തത് എന്റെ വചനങ്ങളെ കേൾപ്പി നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവന് ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളിച്ചെയ്യുകയും ചെയ്യും എന്റെ ദാസനായ മൊച്ചയോ അങ്ങനെയല്ല അവൻ എന്റെ ഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തൻ ആകുന്നു അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപ്പൊരുളായിട്ടല്ല അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രയും അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും അങ്ങനെയിരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത് യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു അവൻ മറഞ്ഞു മേഘവും കുടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ടരോഗിണി എന്ന് കണ്ടു അഹരോൻ മോശയോട് അയ്യോ യജമാനനെ ഞങ്ങൾ ഫോഷത്വമായി ചെയ്തു ഈ പാപം ഞങ്ങളുടെ മേൽ വയ്ക്കരുതേ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെപ്പോലെ ഇവളാകരുതേ എന്ന് പറഞ്ഞു അപ്പോൾ മോശ യഹോവയോടെയോട് ദൈവമേ അവളെ സൗഖ്യമാക്കേണമേ എന്ന് നിലവിളിച്ചു യഹോവ മോശയോടെയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ ഏഴു ദിവസം ലജ്ജിച്ചിരിക്കയില്ലയോ അവളെ ഏഴു ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടേണ്ട പിന്നത്തേതിൽ അവളെ ചേർത്ത് കൊള്ളാം എന്ന് കൽപ്പിച്ചു ഇങ്ങനെ മിരിയാമിനെ ഏഴു ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു അതിന്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയം ഇറങ്ങിറങ്ങി